അവൻ പറഞ്ഞു എനിക്ക് മീത് നീ ആദരിച്ച ഈ വ്യക്തിയെ നീ നോക്കൂ പുനരുദ്ധാന നാൾവരെ നീ എന്നെ ജീവിപ്പിച്ചു വയ്ക്കുകയാണെങ്കിൽ ചുരുക്കം ചിലരൊഴികെ അവൻറെ സന്തതികളെ ഞാൻ തീർച്ചയായും വഴിതെറ്റിക്കും